സത്യവിശ്വാസികളെ അള്ളാഹുസുബാനുഭൂവറ്റ ആലയുടെ മാർഗ്ഗത്തിൽ മുന്നോട്ടു പോകൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിലേക്ക് ഭാരമായിത്തീരുന്നത് എന്തുകൊണ്ടാണ് പരലോകത്തേക്കാൾ ഉപരിയായി ഇഹലോക ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരായോ പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോക ജീവിതത്തിലെ സുഖങ്ങൾ വളരെ കുറച്ചേയുള്ളൂ